ാണ് പക്ഷെ നമ്മൾ എന്തായാലും പറഞ്ഞു പോവാ മനസ്സിലായാലും ഇല്ലെങ്കിലും എനിക്കെന്തായാലും മനസ്സിലാവില്ല ബ്രഹ്മണ ഇത് കർമ്മണി ഷഷ്ടിന്റെ ശേഷം ഭാഷ ജിജ്ഞാസ്യ അപേക്ഷത്വ ജിജ്ഞാസായ അതിന്റെ ഭാമതി ബ്രഹ്മഹ എന്ന് പറയുന്നത് ഷഷ്ടിയാണ് പക്ഷേ അത് കർമ്മ ഷഷ്ടിയാണ് ജിജ്ഞാസ്യ അപേക്ഷത്വ ജിജ്ഞാസായ ജിജ്ഞാസ അത് ജിജ്ഞാസയുടെ കർമ്മത്തെ ജിജ്ഞാസ്യത്തെ അപേക്ഷിക്കുന്നു ആശ്രയിക്കുന്നു ഭാഗമാണ് ഇച്ചായ പ്രതിപത്തി അനുബന്ധ ഇച്ചയുടെ പ്രതിപത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അനു അനുബന്ധമായി വരുന്നതാണ് ഞാൻ അനുബന്ധമായി വരിക എന്ന് പറഞ്ഞാൽ ഇച്ഛയുടെ കർമ്മമാണ് ഞാൻ ഇച്ചയുടെ വിശേഷണമാണ് ഞാൻ ഇച്ചയുടെ വിഷയമാണ് ഞാൻ ഇന്നത്തെ അർത്ഥം ഈ അർത്ഥങ്ങളെല്ലാം അവിടെ യോജിച്ച് ജ്ഞാനസിച്ചും കർമ്മമാണെന്ന് വിഷയമാണെങ്കിലും അങ്ങനെയൊക്കെ പറയാം ജ്ഞാനം ന്യം ജ്ഞാനത്തിനെ പറഞ്ഞ ജ്ഞാനം നിലനിന്ന് കാരണം പുസ്തക ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകം കൂടാതെ പുസ്തകജ്ഞാനമില്ല ഇപ്പൊ പുസ്തകജ്ഞാനത്തിന്റെ ജേയം അറിയേണ്ടത് പുസ്തകമാണ് പുസ്തകജ്ഞാനത്തിന്റെ വിഷയമാണോ പുസ്തകജ്ഞാനത്തിന്റെ കർമ്മമാണെന്നോ ഒക്കെ തന്നെ പറയാം ഇപ്പൊ ഇത് ഇപ്പൊ നിയമാ ജ്ഞാനം ജേയത്തെ ആശ്രയിച്ച് എന്തൊക്കെ എന്നുവെച്ചാൽ ജ്ഞാനം വിന ജിജ്ഞാസ എന്ന് കൂടാതെ എന്തൊക്കെയല്ല എന്തുകൊണ്ട് ജിജ്ഞാസും ഇച്ഛാതും ഇച്ഛ ഇച്ഛയ്ക്കൂടെ വിഷയമായിട്ട് അറിവുണ്ട് ഇച്ഛയുടെ വിശേഷമായിട്ട് അറിവുണ്ടെന്ന് പറയാം അല്ലെങ്കിൽ ഇച്ഛയുടെ വിശേഷ കർമ്മമായിട്ട് അറിവുണ്ടെന്ന് പറയാം എന്ത് പറഞ്ഞാൽ ചെയ്യാം അപ്പോ ഇതിനെ പരസ്പരം ബന്ധപ്പെടുത്തുകയാണ് ഇച്ഛയുടെ കർമ്മമാണ് ജ്ഞാനം ജ്ഞാനത്തിന്റെ കർമ്മമാണ് ബ്രഹ്മം ജിജ്ഞാസാനം അനുബന്ധി പ്രതിപത്തി ആ ജ്ഞാനത്തിന് വിഷയമായത് കൊണ്ട് പ്രതിപത്തി അനുബന്ധ അനുബന്ധ വിഷയമാകുന്നത് കൊണ്ട് അനുബന്ധത്വ വിഷയമാകുന്നത് കൊണ്ട് പ്രധാന ജിജ്ഞാസ കർമ്മ അപ്പൊ ജിജ്ഞാസ ഞാദ ജിജ്ഞാസ എന്താണ് അതിന്റെ കർമ്മം എന്നുള്ളതിനെ ആഗ്രഹിക്കുന്നു കാരണം ജിജ്ഞാസ എന്ന് പറയുമ്പോ അവിടെ ഒരു കർമ്മം വേണം ഞാൻ പറയുന്നു അറിയാൻ ആഗ്രഹിക്കുന്നു എന്തിനെന്തറിയാൻ ഹിമാലയത്തെ അറിയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ആത്മാവിനെ അറിയാൻ ആഗ്രഹിക്കുന്നു ജിജ്ഞാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു വിഷയം അല്ലെങ്കിൽ ഒരു കർമ്മം വേണം അത് നിർബന്ധമാണ് എല്ലാ ജിജ്ഞാസ എന്ന് പറയാൻ പറ്റില്ല ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു ഞാന് രാമന് ഇപ്പോ ഒരു കർമ്മം കൂടി തീരുന്നു അത് സംബന്ധി മാത്രം കേവലം ഒരു സംബന്ധി അല്ലാതെ ആഗ്രഹിക്കുന്നു സംബന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംബന്ധമുള്ളത് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു അപ്പൊ ഉദാഹരണം പറഞ്ഞുകഴിഞ്ഞാൽ പശുവിനെ കാണും എനിക്കറിയാനൊരാഗ്രഹമുണ്ട് ഈ പശു ആരുടേതാണ് എൻ്റെ ജിജ്ഞാസ ആരുടേതാണ് എന്നറിയുമ്പം എന്റെ ജിജ്ഞാസ ഈ പശുവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം അറിയുകയല്ല പിന്നെ പശു അവരുടേതാണെന്നൊരു ജിജ്ഞാസയുണ്ടായാലതിൻ്റെ അർത്ഥം ഒന്നാണ് പശുവിൻ്റെ കുടുംബസ്ഥനെ അല്ലാതെ പശുവുമായി ബന്ധപ്പെട്ട പശു ബന്ധമുള്ള എന്തെങ്കിലും പശുമായിട്ട് ബന്ധം ആർക്കൊക്കെ വരാം പശുവിനെ മേടിക്കുന്നവന് വരാൻ ബന്ധം പശുവിനെ പണയം വാങ്ങിയ ഒരാളാണെങ്കിൽ പശുവിനെ മോഷിച്ചു കൊണ്ടുപോകുന്ന ഒരാളാണെങ്കിൽ അവന് അതൊന്നുമല്ല പശു ആരുടെയും നിയോഗിക്കുമ്പോൾ എന്റെ മനസ്സിലെന്താണ് പശുവിന്റെ ഉടമകൾ അല്ല പശുവുമായി ബന്ധപ്പെട്ട പലതിനെക്കുറിച്ചുള്ള ജിജ്ഞാസ എന്ന് എപ്പോഴും ജിജ്ഞാസയുടെ വിഷയം മുഖ്യമായിരിക്കും അതുപോലെ ബ്രഹ്മത്തെ കുറിച്ചുള്ള ജിജ്ഞാസ എന്ന് ആ ജിജ്ഞാസയുടെ വിഷയം ബ്രഹ്മമായിരിക്കും എന്താണേ അവിടെ ആ ബ്രഹ്മവുമായി ബന്ധപ്പെട്ട എന്നൊക്കെയാണ് സാധനത്തെക്കുറിച്ചോ പ്രയോജനത്തെക്കുറിച്ചോ യുക്തികളെക്കുറിച്ചോ പ്രമാണത്തെക്കുറിച്ചോ ഒന്നുമായിരിക്കില്ല ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത് അപ്പോ നേരിട്ട് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്ന ബ്രഹ്മമാണ് എന്ന് പറഞ്ഞതെങ്കിൽ ബ്രഹ്മെന്നുള്ളത് കർമാർത്ഥം വരണം അപ്പൊ അവിടെ കർമ്മണി സൃഷ്ടിയാണ് ശേഷ സൃഷ്ടി അല്ല ശേഷ സൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മം പലതിലും ഒന്നാവും കർമ്മണി സൃഷ്ടി എന്ന് പറഞ്ഞാൽ അവിടെ കർമ്മം മാത്രമേ ഉള്ളൂ ഇതാണ് കണ്ടുള്ള വ്യത്യാസം അതാണ് അവിടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് തന്തിരയിലാവി സതി കർമ്മിതം നിരൂപണം അപ്പൊ ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്നുണ്ടാവണമെങ്കിൽ അവിടെ ആ ജിജ്ഞാസവുമായിട്ട് സംബന്ധമുള്ള ഒന്നിനെ എല്ലാം അറിയേണ്ടതും മറിച്ച് ആ ജിജ്ഞാസയുടെ കർമ്മത്തെയാണ് ജിജ്ഞാസയുടെ വിഷയത്തെ നേരിട്ട് അറിയേണ്ടത് അപ്പോ ജിജ്ഞാസയ്ക്ക് ഒരു വിഷയമുണ്ടെങ്കിൽ ജിജ്ഞാസയുണ്ട് ജിജ്ഞാസയ്ക്ക് ഒരു വിഷയമില്ലെങ്കിൽ ജിജ്ഞാസയില്ല അല്ലാ ജിജ്ഞാസയുമായി ബന്ധപ്പെട്ട ഒന്നിനെ പറയുന്നത് സ്വതന്ത്രീനാവിന്തിയെ കൂടാതെ തന്നെ സതി കർമ്മണി കർമ്മം ഉണ്ടെങ്കിൽ തന്നിരൂപണം ജിജ്ഞാസ് എന്താണെന്ന് നിലനിൽക്കും അറിയാനുള്ള ആഗ്രഹം എന്ന് പറയാൻ എന്തിനെ അതാണ് ഓർമ്മ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അവിടെ ജിജ്ഞാസ ഉണ്ടാവും അങ്ങനെ ഒന്നില്ലെങ്കിലോ ജിജ്ഞാസ അറിയാനായിട്ട് ഒന്നുമില്ലെങ്കിൽ പിന്നെങ്ങനെ ജിജ്ഞാസ ഉണ്ടാവും ചന്ദ്രമസം ആദിത്യം ചൗലഭ്യ കസ്യായ മിതി സമ്പന്ധി അന്വേഷണാഭൂതി പരസ്പര ബന്ധമില്ലാത്ത രണ്ടു കാര്യങ്ങളാണ് ഒന്ന് സൂര്യൻ മറ്റൊന്ന് ചന്ദ്രൻ പകൽ സൂര്യനെ കാണുന്നു രാത്രി ചന്ദ്രനോ കാണുന്നു ഇത് കണ്ടിട്ട് എന്താണോ ആർക്കും എന്താണോ ആർക്കില്ല ആരെയാണ് ജിജ്ഞാസ ഉണ്ടാകത്തില്ല ഈ സൂര്യൻ ആരുടേതാണ് ചന്ദ്രൻ ആരുടേതാണ് സൂര്യൻ ചന്ദ്രൻ്റെതാണോ ചന്ദ്രൻ സൂര്യൻ്റെതാണോ അങ്ങനെ ഒരു ആകാംക്ഷ ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ പരസ്പരം ബന്ധമുണ്ടാത്തതാണ് മറിച്ച് എന്താണ് പശുവിനെ പെടും പശു ആരുടേതാണ് ും അപ്പൊ പശുവിന്റെ ഉടമസ്ഥ ഞാനും ഉണ്ടാവും സൂര്യനെയും ചന്ദ്രനെയും കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ജിജ്ഞാസ ഉണ്ടാകത്തില്ല ആരുടേതാണ് ചന്ദ്രമസം ആദിത്യഞ്ചലഭ്യണ്ടും കണ്ടിട്ട് പസ്യ അയമിരി ഇത് ആരുടേതാണ് സംബന്ധി അന്വേഷണം ഇത് ആരുടേതാണെന്ന് ചോദിക്കുന്നതാണ് സംബന്ധി അന്വേഷണം അത് ഉണ്ടാകത്തില്ല ഇത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭവത ജ്ഞാനമിത്യുക്തേ സംബന്ധ വിഷയ അന്വേഷണം പക്ഷേ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്തിന്റെ ജ്ഞാനം എന്തിനെ കുറിച്ചുള്ള ജ്ഞാനം അവിടെ വിഷയത്തെക്കുറിച്ചുള്ള അന്വേഷണം സ്വാഭാവികമാണ് ആ വിഷയമാണ് കാരണം അതാണ് ഭവത ജ്ഞാനമിത്യുക്തേ ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയ അന്വേഷണ വിഷയത്തെക്കുറിച്ചുള്ള അന്വേഷണം വരും എന്താണ് കിം വിഷയം എന്താണ് വിഷയ ജ്ഞാനം എന്ന് പറഞ്ഞു എന്താ എൻ്റെ വിഷയം പുസ്തകമാണോ പേനയാണോ പേശയാണോ എന്തിൻ്റെ ഞാനും ചോദ്യം വരും തത്മാ പ്രഥമ അപേക്ഷിതത്വാ കർമ്മതയാവ ബ്രഹ്മസംബന്ധിത അതുകൊണ്ട് എന്നും പറയുമ്പോൾ എന്തിനെ കുറിച്ചുള്ള ജിജ്ഞാസ എന്നുള്ളൊരു ചോദ്യത്തിന് സമാധാനമായിട്ട് ബ്രഹ്മം വരും കർമ്മമായിട്ട് ബ്രഹ്മം വരുന്നുണ്ട് നമ്മുടെ ജിജ്ഞാസയുടെ വിഷയം ആണെന്ന് ബ്രഹ്മം തസ്മാം പ്രഥമം അപേക്ഷിതത്വ ആദ്യം വരുന്നത് വിഷയമെന്ന ജിജ്ഞാസ ഉണ്ടാകും ആദ്യം അപേക്ഷിക്കുന്നത് എന്തിനാണ് എന്താണ് അതിന്റെ വിഷയം എന്നാണ് ആദ്യം അപേക്ഷിക്കുന്നത് കർമ്മത കർമ്മത്തെയാണ് എന്താണ് കർമ്മമായിട്ട് ബ്രഹ്മ സമ്പത്തിനെ ബ്രഹ്മത്തിനും ജിജ്ഞാസയും തമ്മിൽ ബന്ധമുണ്ടാകുന്ന വെച്ചാൽ ജിജ്ഞാസക്ക് വിഷയമാകുന്നു ബ്രഹ്മം ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ച് അതാണ് പ്രഥമ ജിജ്ഞാസയ്ക്ക് ബ്രഹ്മം വിഷയമാകുന്നു എന്നാ സംബന്ധിത മാത്രേ മറിച്ച് ജിജ്ഞാസ എന്തിനെ സംബന്ധിച്ചുള്ള സംബന്ധിച്ചുള്ള എന്നുള്ള അവിടെ സംബന്ധി ഏതൊക്കെയാണ് ജിജ്ഞാസയ്ക്ക് വിഷയമായിരിക്കുന്നത് ജിജ്ഞാസ സംബന്ധിയായിട്ടുള്ളതെന്ന് പറയാൻ സംബന്ധി എന്ന് പറഞ്ഞാൽ സംബന്ധിയുള്ളത് പറയുന്നത് പശു ഇതാരുടേതാണെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ അവിടെ സംബന്ധിയായിട്ട് പലതുകൊണ്ട് ഉടമസ്ഥനുണ്ട് കള്ളനുണ്ട് പണയം വാങ്ങിയവനുണ്ട് പലരുണ്ട് അപ്പൊ ജിജ്ഞാസയുടെ വിഷയ സംബന്ധി എന്ന് അവിടെ പലരും വരും പക്ഷേ ജിജ്ഞാസയുടെ വിഷയം കർമ്മം എന്ന് പറയുമ്പോൾ പുന്നേ വരത്തും കസ്യായം എന്ന് പറയുന്ന ചോദ്യത്തെ രണ്ടു നേരത്തിൽ പറയാം ആരുടേതാണ് ഈ പശുത്തരം രാമന്റെ പശു എന്തിനെ സംബന്ധിച്ചതാണ് ഈ പശു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പല ഉത്തരങ്ങളും വരും ഉടമസ്ഥനെ സംബന്ധിച്ചാവോ കളനെ സംബന്ധിച്ചാവോ പണിക്കാരനെ സംബന്ധിച്ചാവോ ആരുടെ എന്ന് ചോദിക്കുന്നിടത്ത് എന്തിനെ സംബന്ധിച്ചെന്നുള്ളൊരർത്ഥം വന്നാൽ അതിന് വിപുലമായ അർത്ഥം വരും ആരുടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു വസ്തു കുടനസ്ഥൻ ഇതാണ് വ്യത്യാസം അതുപോലെ ഇവിടെ ജിജ്ഞാസ എന്തിനെ സംബന്ധിച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മത്തെക്കുറിച്ച് പറയാം അതിൻ്റെ പ്രയോജനത്തെക്കുറിച്ച് പറയാം അതിൻ്റെ സംബന്ധത്തെക്കുറിച്ച് പറയാം യുക്തിയെക്കുറിച്ച് പറയാം പല വിഷയങ്ങൾ പറയാം സാധനത്തെക്കുറിച്ച് പറയാം മറിച്ച് എന്തിനെക്കുറിച്ചുള്ള ജിജ്ഞാസ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വന്ന് കേൾക്കും ബ്രഹ്മം ഇതാണ് സംബന്ധ സൃഷ്ടിയും തമ്മിൽ വരുമ്പോ അർത്ഥ വ്യത്യാസം തസ്മാ ബ്രഹ്മാപേക്ഷിതത്വ കർമ്മതയ ഇവ കർമ്മവുമായിട്ടാണ് കൂടെ ബ്രഹ്മസമ്പത്തിയിലെന്ന് വെച്ചാൽ ബ്രഹ്മത്തെ അന്വയിക്കും ജിജ്ഞാസയെ ബ്രഹ്മത്തോട് അന്വയിക്കുന്നത് ജിജ്ഞാസയുടെ കർമ്മമായിട്ടാണ് സമ്പദ്ത അന്വയിക്കുന്ന സംബന്ധിത മാത്രമാണ് അല്ലാതെ ബ്രഹ്മവുമായി സംബന്ധമുള്ള ഏതെങ്കിലും ഒന്നും അങ്ങനെയല്ല കുറച്ച് ജിജ്ഞാസയുമായിട്ട് സംബന്ധമുള്ള ഏതെങ്കിലും ഒന്നല്ല ജിജ്ഞാസയുടെ കർമ്മം ഏതോ അങ്ങനെയാണ് പിന്നെ സംബന്ധിത എന്ന് പറഞ്ഞാലോ ജിജ്ഞാസയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒന്നെന്ന് പറയുമ്പോ തസ്യ ജഗന്യത്വമാവും അത് ഗൗണമാണ് അത് ഗൗണമാണ് മുഖ്യമെന്നാണ് കർമ്മമാണ് ജിജ്ഞാസയുമായി ബന്ധപ്പെട്ട് പലതും കാണും അപ്രധാനമായി പോവും ഒന്നെന്ന് പറയുമ്പോൾ മുഖ്യത്തിന് നേരെ വിപരീതമാണ് ജഘന്യം ജിജാസിയുടെ കർമ്മം എന്ന് പറയുമ്പോൾ ബ്രഹ്മം കർമ്മമായി മുഖ്യമാണ് ജിജാസിയുമായി സംബന്ധപ്പെട്ടതെന്ന് പറയുമ്പോൾ അവിടെ പല കാര്യങ്ങളും പ്രയോജനം തുടങ്ങിയ കാര്യങ്ങൾ അപ്പോ അതിന്റെ കൂട്ടത്തിൽ ബ്രഹ്മവും വരും അത് ഗോണമായി അപ്രധാനമായിട്ടും മറ്റുള്ളതിനോടൊപ്പം വരുന്നത് കർമ്മണി ഷ്ടി ചേർത്ത് അതുകൊണ്ട് എന്ത് ചെയ്യണം അവിടെ മുഖ്യമായ അർത്ഥത്തെടുക്കണം ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ മുഖ്യമായും ബ്രഹ്മമാണ് എന്നുള്ള അർത്ഥത്തെ സത്യം ജിജ്ഞാസ്യ മന്തിരേന ജിജ്ഞാസ നിരൂപ്പിന് കുറവിച്ചു പോലെയാണ് ശരിയാണ് ജിജ്ഞാസയ്ക്ക് ഒരു വിഷയം വേണം അതിനാണ് ജിജ്ഞാസ്യം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ കർമ്മം ജിജ്ഞാസയ്ക്ക് ഒരു കർമ്മം ഇല്ലെങ്കിൽ പിന്നെ ജിജ്ഞാസേ ഇല്ല അങ്ങനെ സാധനമില്ല സത്യം ജിജ്ഞാസ്യം അന്തരീണ ജിജ്ഞാസാന് ജിജ്ഞാസ്യം ജിജ്ഞാസയുടെ കർമ്മം അല്ലെങ്കിൽ വിഷയത്തിൽ കൂടാതെ ജിജ്ഞാസില്ല പിന്നെ ജിജ്ഞാസ്യ അന്തര ഭവിഷ്യ വേറെ ഒന്ന് നോക്ക് പറയാം ജിജ്ഞാസയുടെ വിഷയമായിട്ട് മറ്റെന്നോ മറ്റെന്തോണ്ട് ബ്രഹ്മമല്ല അതിനോട് ബന്ധപ്പെട്ടതാണ് ബ്രഹ്മം എന്താണ് ജിജ്ഞാസയുടെ വിഷയമായിട്ട് വരുന്ന മറ്റൊന്ന് പ്രയോജനമാകാം സാധനമാകാം യുക്തിയാകാം ഫലമാകാം ഇതൊക്കെയാകും ജിജ്ഞാസ എന്താ അതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്വാരംഭവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനെ പുറോക്ഷറ് ജിജ്ഞാസ്യന്തര ഭവിഷ്യ മറ്റെന്തെങ്കിലും ആകാം അതിനോട് ബന്ധപ്പെട്ട ബ്രഹ്മത്തെ കുറിച്ച് ഞാനുണ്ടാവും സംബന്ധം അതിനോടുള്ള സംബന്ധമായി ഗ്രഹിക്കാം എങ്ങനെ ജിജ്ഞാസ എന്നതിനെ കുറിച്ചുള്ള ജിജ്ഞാസ പറയുന്നു പ്രയോജനത്തെ കുറിച്ചുള്ള ജിജ്ഞാസ് ജിജ്ഞാസ് പ്രമാണത്തെ കുറിച്ചുള്ള ജിജ്ഞാസ് അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു ബ്രഹ്മം അങ്ങനെ പരമ്പരയായി ബ്രഹ്മത്തെ കുറിച്ചും ബോധമുണ്ടാവും എല്ലാം വ്യാകരണം വച്ചുകൊണ്ട് പറയുന്നതാണ് മനസ്സിലാകുന്നില്ലെങ്കിൽ വ്യാകരണത്തിന്റെ ഭാഷ പറഞ്ഞു ജിജ്ഞാസാന്തര നിർദ്ദേശ ഇവിടെ മറ്റൊരു ജിജ്ഞാസയുടെ വിഷയത്തെ ഇവിടെ നിർദ്ദേശിച്ചിട്ടില്ല ഇവിടെ ജിജ്ഞാസയുടെ വിഷയമായിട്ട് നേരിട്ട് നിർദ്ദേശിച്ചിരിക്കുന്നത് ബ്രഹ്മ കാരണം ബ്രഹ്മണ ഹജ്ഞാസന്ന് ബ്രഹ്മണ ജിജ്ഞാസ എന്ന് പറയുന്നിടത്ത് ബ്രഹ്മമല്ലാതെ വരെ ഒന്നിനെ ഇവിടെ നിർദ്ദേശിച്ചിട്ടില്ല എന്ന് വെച്ചാൽ സംബന്ധം പ്രയോജനം പ്രമാണം ഇതൊന്നും ഇവിടെ നിർദ്ദേശിച്ചിട്ടില്ല നേരിട്ട് ബ്രഹ്മത്തെ നിർദ്ദേശിച്ചിരിക്കുക അപ്പൊ അതിനെ എടുക്കണമെങ്കിൽ ഇവിടെ ബ്രഹ്മണോ ജിജ്ഞാസ ജിജ്ഞാസയുടെ കർമ്മമായി ബ്രഹ്മത്തെ എടുക്കണം കർമ്മുടെ ഷഷ്ടിയെ തന്നെ എടുക്കണം എന്നതിൽപടി കിട്ടുന്നുണ്ടോ ഇത് മനസ്സിലാക്കിയാൽ മതിയല്ലോ ബ്രഹ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞ കർമ്മ കർമ്മം ചർച്ച എടുക്കണം ചെയ്തത് ഞങ്ങൾക്ക് വളരെ അത്രയും മനസ്സിലായി എന്നാ ഇതിനും കടുത്ത തന്നെ വരുന്നുണ്ട് നിഗൂഢ അഭിപ്രായ ചോദ്യം അപ്പൊ ഒരു അഭിപ്രായം ഉള്ളിവെച്ചുകൊണ്ടൊരു ചോദ്യം അതാണ് നിഗൂഢ അഭിപ്രായം എന്താണോ താൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അത് ആ ചോദ്യത്തിൽ കാണത്തില്ല പിന്നെ അതോടെയിരിക്കും ഉള്ളിരി തന്റെ മനസ്സിലിരിക്കും നമ്മൾ സാധാരണങ്ങൾ ചോദ്യം ചോദിക്കാറുണ്ടല്ലോ മനസ്സിലിരിക്കും ചോദ്യം യഥാർത്ഥ ചോദ്യം പുറമേ ഒരു ചോദ്യം വരും അതുപോലെ നിഗൂഢ അഭിപ്രായം വെച്ചാൽ ഗൂഢ നിഗൂഢമായ അഭിപ്രായമുള്ളവനെന്നാണ് അവൻ ചോദിക്കുന്നു എന്താണ് ഞാനോ ശേഷസൃഷ്ടി പരിഗ്രഹവി ബ്രഹ്മണോ ജിജ്ഞാസ കർമ്മത്തുന്ന വിരുദ്ധരെ അയാളുടെ താല്പര്യം എന്താണ് കൂടെ കർമ്മണി സൃഷ്ടി എടുക്കേണ്ട ശേഷ സൃഷ്ടി എങ്ങനെ ശരിയാവും പറയുന്നു ശേഷ സൃഷ്ടി ബ്രഹ്മണോ ജിജ്ഞാസാകർമ്മത്തിനോ വിഹ്മത്തിന് ജിജ്ഞാസാക്രമത്വം വരുന്നില്ല എന്തുകൊണ്ട് സംബന്ധ സാമാന്യസ്ഥ വിശേഷനിഷ്ഠത്വം സംബന്ധ സാമാന്യം എന്ന് പറയുമ്പോ അതിലൊരു വിശേഷം ഉണ്ടായി എന്ന് പറഞ്ഞാൽ കസ്യായം പശുവിനെ കൊണ്ട് ചോദിക്കുകയാണെങ്കിൽ ഇത് ആരുടെ പശുവാണ് അവിടെ കസ്യ എന്ന് പറയുന്നത് സംബന്ധ സൃഷ്ടിയാണ് സംബന്ധ്രേഷ്ഠിയാണ് അപ്പോ ആ ചോദ്യം ചോദിക്കുന്നവന്റെ ഉള്ളിൽ എന്തൊക്കെ ഇപ്പൊണ്ട് പശുവിന്റെ ഉടയനുണ്ട് പശുവിനെ മോട്ടിച്ചുണ്ടുന്ന കള്ളനുണ്ട് പശുവിനെ പണയം വാങ്ങിയവനുണ്ട് ഇങ്ങനെ ഉണ്ട് പശുവിനെ മേയ്ക്കുന്നവനുണ്ട് അപ്പൊ ആരുടെ പശുവിനെ ഏതുമാകാം അതിലുടവസ്ഥനും വരും അതുപോലെയാണ് കർമ്മണഷ്ടിക്ക് വേറും ശേഷ ഷഷ്ടി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബ്രഹ്മസംബന്ധിയായ ജിജ്ഞാസ ബ്രഹ്മസംബന്ധി എന്ന് പറയുമ്പോൾ ബ്രഹ്മം എന്ന് പറയുന്ന കർമ്മം വരും പ്രയോജനം വരും ഫലം വരും സാധനം വരും പ്രമാണം വരും ഫലതും വരും അവിടെ കർമ്മവും വന്നിട്ടുണ്ട് ബ്രഹ്മവും വന്നിട്ടുണ്ട് ാണ് കുറവശ് പറയുന്നത് എന്തുകൊണ്ട് സാമാന്യം എന്ന് പറയുമ്പോൾ ഇതെല്ലാത്തിനും എടുക്കണം പ്രയോജനം പ്രമാണം ബലം വിശേഷം എന്ന് പറയുമ്പോൾ പറമ്പത്തി എടുക്കണം അത് പറയുന്നത് ഭാവനിക സാമാന്യ സംബന്ധ വിശേഷ സംബന്ധി അവിരോധേന സാമാന്യ സംബന്ധത്തിന് വിശേഷ സംബന്ധമായിട്ട് വിരോധം പശുവിനെ കുറിച്ച് ചോദിക്കേണ്ടത് പസ്യായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പലരുടെയാകാം അതിലൊരാളാണോ അവസരം അപ്പം തമ്മിലൂടെ വിരോധം പലരിലന്നുള്ള അവസ്ഥയാണ് അതുപോലെ സാമാന്യ സംബന്ധ്യ വിശേഷ സംബന്ധം അവിരോധേന കർമ്മത്തായ അവിഖാതീന ജിജ്ഞാസ നിരൂപണത്തി കർമ്മമെന്ന് പറയുന്നതും ഒരു തടസ്സവും കൂടാതെ ജിജ്ഞാസയുടെ വിഷയമാകും സാധനങ്ങളെ കർമ്മതായ കർമ്മം എന്ന് പറയുന്നു അഭിക്കാതയിൽ ഒരു തടസ്സവും കൂടാതെ ജിജ്ഞാസ നിരൂപണ മുഖത്തെ ചിന്തിച്ച ജിജ്ഞാസയ്ക്ക് വിഷയവും അതുപോലെ എന്ന് പറഞ്ഞാലും കർമ്മവും എന്താ കൊഴുപ്പം ൂടെ അഭിപ്രായം ഏവ സൂക്ഷിച്ചിരിക്കും ആ നിന്റെ മനസ്സിൽ അതുണ്ടല്ലോ നിന്ന് ശരിയാകല്ലോ മനസ്സിലിരിപ്പ് ശരിയാകത്തില്ല എന്ന് പറയും അങ്ങനെ ചോദിച്ചു നിന്റെ മനസ്സിൽ അത്ര നല്ലതല്ല നീ എന്താ ശ്രമിക്കുന്നത് നേരിട്ട് കർമ്മവും അർത്ഥമെടുക്കാതെ പലതിൻ്റെ കൂട്ടത്തിൽ നിന്ന് കർമ്മം എന്നുള്ള അർത്ഥം എടുക്കാൻ ശ്രമിക്കുന്നു അത് പറഞ്ഞ വഴിയാണ് അത് ഞങ്ങൾ അംഗീകരിക്കുന്നു ഞങ്ങളെന്താ പറയുന്നത് നേരിട്ട് കർമ്മം എന്നുള്ള അർത്ഥം എടുക്കുക അതിനെന്ത് എന്ത് ഷൃഷ്ടിന് സ്വീകരിക്കണം ശരി പ്രത്യക്ഷം ബ്രഹ്മണ എന്നാണ് പറയുന്നത് ഭാഷയത്തിൽ പ്രത്യക്ഷം ബ്രഹ്മണ കർമ്മത്വം സൃജിയ സാമാന്യദ്വാരേണ്ട പരോക്ഷം കർമ്മത്വം കൽപ്പയതോ വ്യർത്ഥ പ്രയാസ്യ പ്രത്യക്ഷം അതിന് ഇനി വ്യാഖ്യാനിക്കും ഭാവതിൽ അനുളകാര്യ വാചിജാസയാ പ്രഥമാപേക്ഷത പ്രഥമസമ്പർ അന്വയപരിത്യാഗന പശ്ചാത് കഥിതപേക്ഷതമാത്രോ ജ ഇവിടെ വരുന്ന കുഴപ്പമൊന്നു വെച്ച് കഴിഞ്ഞാൽ ഏതാണോ മുഖ്യമായി വരേണ്ടത് അത് ഗ്രൗണമായി വരും അതാണ് ദോഷം പ്രഥമത്വ ജ ഗഗന്യ മുഖ്യം ദ്രൗണമാകുക എന്ന് പറഞ്ഞാൽ അവിടെ വ്യാഘാത ദോഷം വരും ഇനി സുവ്യാഹം എന്ന് ന്യായത്വം അവിടെ ന്യായത്തത്വമുണ്ട് യുക്തിക്കൊരു തത്വം കൊണ്ട് എന്താണ് പ്രഥമം എന്ന് പറയുന്നത് മുഖ്യം എന്ന് പറയുന്നത് ഗ്രൗണമാകാൻ പാടില്ല പക്ഷെ അവിടെ മുഖ്യം എന്തെയ്യുന്നു ഗ്രൂണമായി പോകുന്നു മുഖ്യത്വ ഗുണം എന്ന് പറയട്ടെ എവിടെ ഗുണം എന്ന് വെച്ചാൽ അപ്രധാനം മുഖ്യത്വം എപ്പോഴും മുഖ്യമെന്ന് പറഞ്ഞാൽ പറയണം എന്ന് പറയണം ഉറക്കം എന്ന് പറയണം ഇവിടെ തിരിഞ്ഞു വരും വന്നില്ലെങ്കിൽ ഇനി ഭാഗ്യമാണ് ും ഭയങ്കര ചർച്ചകളെ മുഖ്യമെന് ശരി മറ്റസ് കർമ്മത്വ ജിജ്ഞാസയാ പ്രഥമ അപേക്ഷിത ബ്രഹ്മ ജിജ്ഞാസെന്ന് പറയും അപ്പൊ ജിജ്ഞാസയിലൂടെ ആദ്യം ജിജ്ഞാസയുടെ വിഷയം എന്താണെന്നാണ് ചിന്തിക്കുന്നത് എന്ന് വെച്ചാൽ ജിജ്ഞാസയുടെ കർമ്മം എന്താണ് മനസ്സിലായത് അതാണ് ഇവിടെ വാച്യമായി വരുന്നത് സൃഷ്ടിയുടെ വാച്യമായി വരുന്നത് എന്താണ് ബ്രഹ്മ എന്താണ് കർമ്മമാണ് കർമ്മം സൃഷ്ടിയാണ് ഷഷ്ടി വിഭക്തിയുടെ അർത്ഥമായി വരുന്നത് എന്താണ് കർമ്മമാണ് വാച്ചതിൻ്റെ അർത്ഥം അതാണ് മുഖ്യം അതാണ് ഇവിടെ മുഖ്യം അതാണ് വത്യസ് കർമ്മത്വസ്യ ജിജ്ഞാസയാ ജിജ്ഞാസ കൊണ്ട് പ്രഥമാപേക്ഷ ജിജ്ഞാസ ഒരാളുടെ ജിജ്ഞാസ ഉണ്ടാകുമ്പോ ആദ്യം ചോദ്യം എന്താണ് എന്താണ് ജിജ്ഞാസയുടെ വിഷയം അതാണ് പ്രഥമാപേക്ഷ അത് ആ ഷ്ടിയുടെ അർത്ഥമാണ് ഷഷ്ടിയുടെ പ്രഥമ അപേക്ഷിത പ്രഥമം അപേക്ഷിക്കുന്ന എന്തിനായി കർമ്മം എന്ത് പ്രഥമ അപേക്ഷിക്കുന്നു ജിജ്ഞാസ കർമ്മം എന്ന് പറയുന്ന എന്താണ് സൃഷ്ടിയുടെ വാച്യം നടത്തുന്നത് അതാദ്യം ആദ്യം ജിജ്ഞാസ ചോദ്യം എന്താണ് എന്തിനെക്കുറിച്ചുള്ള ജിജ്ഞാസ ആദ്യം കർമ്മം ഇപ്പൊ വിജ്ഞാസ അന്വയിക്കേണ്ടതിനോടാണ് കർമ്മത്തോടാണ് അതാണ് പ്രഥമ സംബന്ധാർഹസ്ഥാ ആദ്യം അന്വയിക്കേണ്ടത് സംബന്ധം എന്ന് വെച്ചാൽ അന്വയിക്കം ജിജ്ഞാസ എന്ന് പറയുന്ന അന്വയിക്കേണ്ടതിനോട് കർമ്മത്തോട് എന്തുകൊണ്ട് അതാണ് ഷഷ്ടിയുടെ അർത്ഥം വാച്ച അതാണ് ആദ്യം ചോദ്യത്തിന്റെ ഉത്തരമായിരുന്നു ജിജ്ഞാസ അറിയുന്ന ഇച്ഛ എന്തിനെ ബ്രഹ്മത്തെ അത് കർമ്മമാണ് സൃഷ്ടിയ അതാണ് വരയേണ്ടത് അങ്ങനെ വരേണ്ടത് പക്ഷേ അന്വയ പരിത്യാഗില്ല ആ അന്വയത്തെ വിട്ടിട്ട് കർമ്മം ജിജ്ഞാസയെ കർമ്മത്തോട് ബന്ധിപ്പിക്കാതെ അന്വയത്തെ വിട്ടിട്ട് ആദ്യം എന്താണോ ഏതിനോടാണ് അനുഭവിക്കേണ്ടത് അതിനെ വിട്ടിട്ട് പശ്ചാത്തല കഥഞ്ചിതപേക്ഷിത അവിടെ സംബന്ധം എന്നുള്ള അർത്ഥം പല സംബന്ധങ്ങളിൽ ഒന്നായിരിക്കുന്ന കർമ്മത്തെ എടുക്കുക ശരിക്കും ആദ്യം എടുക്കേണ്ട കർമ്മത്തെ ഇവിടെ എന്ത് ചെയ്യുന്നു അതിനെ വിട്ടിട്ട് സംബന്ധാർത്ഥം എടുത്തിട്ട് പല സംബന്ധങ്ങളിലൊന്നായ എന്ത് കർമ്മം ാണ് പതഞ്ജിതപേക്ഷിത സംബന്ധി മാത്രുന്നു പല സംബന്ധങ്ങളുള്ള അതിനോടുള്ള സംബന്ധോ അതിനോട് അന്വേഷിക്കുക സംബന്ധാർത്ഥത്തിൽ ബ്രഹ്മസംബന്ധിയായ ജിജ്ഞാസ ബ്രഹ്മ സംബന്ധിയായ ബ്രഹ്മം കർമ്മമായി വരുന്ന ജിജ്ഞാസ എന്നുള്ളതാണ് പറഞ്ഞത് അത് വിട്ടിട്ട് എന്ത് പറയുന്നു ബ്രഹ്മസംബന്ധിയായ ജിജ്ഞാസ ബ്രഹ്മസംബന്ധിയായ ബ്രഹ്മത്തോട് സംബന്ധിച്ചിട്ടുള്ള പലതുമുണ്ട് പണുചാരി പ്രയോജനം യുക്തി പ്രമാണിയ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് ബ്രഹ്മവുമില്ല പാണ്ഡ്യം തന്നെ നമ്മുടെ ചോദ്യത്തിനുസരമായി കിട്ടുന്നത് കർമ്മമാണ് അതിനെ വിട്ടിട്ട് പറയുന്നു പശ്ചാ പിന്നീട് പതഞ്ജിലപേക്ഷത സംബന്ധം എന്നുള്ള അർത്ഥത്തെടുത്ത് സംബന്ധികളിൽ ഒന്നായി അപേക്ഷിക്കുന്ന കർമ്മത്തോട് സംബന്ധ അന്വയിക്കുക എന്നുള്ളത് ഗൗണമാണ് ജഗന്യാണ് അപ്പൊ നിങ്ങളോട് എന്ത് ചെയ്തു ഗൗണത്തെ മുഖ്യമായിട്ടെടുത്ത് സംബന്ധി എന്ന് പറയുന്ന അർത്ഥത്തെ മുഖ്യമായിട്ടുള്ളത് ജഗന്യുഹ പ്രഥമ ജഗന്യുഹ്യ ദോണമായിട്ടുള്ള നിങ്ങൾ മുഖ്യമായത് ശരിക്കിവിടെ മുഖ്യമായ ഏതാണ് ശരിക്കും സംബന്ധി ബ്രഹ്മസംബന്ധി എന്ന അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഘണമാകും പക്ഷെ ആ ദോണത്തെ നിങ്ങൾ എന്ത് ചെയ്തു മുഖ്യാർത്ഥമായിട്ടുള്ളത് മു അർത്ഥത്തെങ്ങൾ വിട്ടുകളും മുഖ്യമായ അർത്ഥം എന്താണ് കർമ്മ കർമ്മ അതെ അതുകൊണ്ട് നിങ്ങളിവിടെ ചെയ്യുന്ന എന്താണ് ഗൗണത്തെ മുഖ്യമായിട്ടെടുത്തു മുഖ്യത്വങ്ങൾ വിട്ടങ്ങളും നിങ്ങളുടെ സന്തോഷം എന്താണ് പ്രഥമസ്ഥ ജഗന്യ മുഖ്യത്തെ നിങ്ങൾ ഗൗണവുമാക്കി മുഖ്യമായതാണ് കർമ്മത്വം അതിനെങ്ങൾ വിട്ടുകഴിഞ്ഞപ്പോ അതിനെ ഗൗണമാക്കി മുഖ്യമായി ബ്രഹ്മ ജിജ്ഞാസ എന്ന് പറയുമ്പോൾ മുഖ്യമായി എന്തിനാ എടുക്കേണ്ടത് കർമ്മമാർ എന്നാണ് അതിനെ നിങ്ങൾ വിട്ടു കഴിഞ്ഞിട്ട് വിട്ടപ്പോ എന്തായി അത് ജനന്യമായി എന്താണോ മുഖ്യമല്ലാത്ത എന്താണ് ബ്രഹ്മസംബന്തി എന്നുള്ളത് അതിനെ നിങ്ങൾ എടുത്തു കഴിഞ്ഞപ്പോ എന്തായി മുഖ്യമല്ലാത്തതിന് ദൂണം അതിനെ നിങ്ങൾ പ്രഥമമാക്കി ദൂണത്തെ പ്രഥമമാക്കുക പ്രഥമത്തെ ദൂണമാക്കുക എന്ന് പറഞ്ഞാൽ എന്താണോ ഇത് യുക്തി തത്വത്തിന് വരുന്ന വൈരുദ്ധ്യമാണ് കോൺട്രഡിക്ഷൻ വ്യാഹൃതം എന്ന് വെച്ചാൽ വ്യാഘാത ദോഷം ഒന്ന് ന്യായതത്വത്തിൽ എന്താണ് മുഖ്യമായിരിക്കുന്ന കർമ്മം എന്നുള്ള അർത്ഥത്തെ നിങ്ങൾ ഗ്രൗണമായി കണക്കാക്കി ഗ്രൗണമായിരിക്കുന്ന ബ്രഹ്മസംബന്ധി എന്നുള്ള അർത്ഥത്തെ മുഖ്യമാക്കി മുഖ്യത്തെ ഗുണമാക്കുക ഗുണത്തെ മുഖ്യമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വ്യാഘാത ദോഷമോ ഇതാണ് ഇതിലേറ്റവും മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യം ഇത് മനസ്സിലായി ബാക്കിയെല്ലാം മനസ്സിലായി മനസ്സിലായോ കാരണം കഴിഞ്ഞു ഇത്രയാണ് പിന്നെ ഭാഷയത്തിൽ പ്രത്യക്ഷം ബ്രഹ്മണ കർമ്മത്വം ഉത്സൃജ്യ സാമാന്യത്വാരണ പരോക്ഷം കർമ്മത്വം ഞാൻ കൂടെ കാരം പറഞ്ഞത് പ്രഥമമൊന്നും ജഗന്യവും മുഖ്യമൊന്നും ഗൗണവും പ്രധാനമെന്നും അപ്രധാനമാണ് പ്രധാനമായി എടുക്കേണ്ടത് അപ്പൊ ബ്രഹ്മസംബന്ധി എന്നുള്ള അർത്ഥം ഗൗണമാവും അതായത് ഇവിടെ രണ്ടർത്ഥം കൊടുക്കണം ബ്രഹ്മം കർമ്മമായി വരുന്ന ജിജ്ഞാസ എന്നർത്ഥമാണ് മുഖ്യാർത്ഥം ബ്രഹ്മസംബന്ധിയായ ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ അത് ഗൗണാർത്ഥം അതാണ് നമ്മൾ പറയുന്നത് പ്രത്യക്ഷ പരോക്ഷ വിധാന പ്രാഥമ്യ അപ്രാധ അപ്രാഥമ്യ സ്ഫുടത്വ അസ്ഫുടത്വ അഭിപ്രായം ഇപ്പൊ ഭാഷയത്തിൽ പ്രത്യക്ഷം കർമ്മത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാന എന്നർത്ഥം കർമ്മത്വമാണ് പ്രധാനം അല്ലെങ്കിൽ പറയാം എന്താണ് സ്ഫുടം ഇവിടെ ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്നത് കർമ്മത്വമാണ് സ്ഫുടമായിരിക്കുന്നത് ഇനി അവിടെ പരോക്ഷം എന്ന് പറഞ്ഞാൽ അതെന്താണ് പരോക്ഷം എന്ന് പറഞ്ഞാൽ ബ്രഹ്മസംബന്ധി എന്ന് പറയുന്ന അർത്ഥം അത് പരോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ് അപ്രാഥമ്യം അതിനാണ് നേരെ പറയുന്നത് ദൂണമാണ് പിന്നെ അസ്പുടത്വം അത് സ്പഷ്ടമായ അർത്ഥമാണ് അസ്പുടമായ അർത്ഥമാണ് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഭാഷ്യത്തിൽ പ്രത്യക്ഷമൊന്നും പരോക്ഷം എന്ന് പറയുന്നത് ഇവിടെ പ്രത്യക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഥമം എന്നെടുക്കണം പരോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂണമെന്ന് എടുക്കണം അല്ലെങ്കിൽ പ്രത്യക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഫുടം നടക്കണം പരോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്ഫുടം ഇത്രയും കൊണ്ട് വ്യാകരണം കഴിഞ്ഞു ത്രേ മതി രണ്ടാമത്